ം ബ്രഹ്മണയിൽ കർമ്മണി ഷഷ്ട ശേഷം ബ്രഹ്മണ ബ്രഹ്മ ജിജ്ഞാസ ബ്രഹ്മണോ ജിജ്ഞാസ എന്നാണ് അവിടെ ബ്രഹ്മണ എന്ന് പറയുന്നത് കർമ്മണി ഷഷ്ടിയാണ് അത് ശേഷിയല്ല ജിജ്ഞാസ്യ അപേക്ഷ ജിജ്ഞാസായ ജിജ്ഞാസയ്ക്കൊരു വിഷയം വേണം ജിജ്ഞാസ്യം ആ വിഷയമുണ്ടെങ്കില് ജിജ്ഞാസ ഉണ്ടാകത്തോ വിഷയത്തെ ജിജ്ഞാസ അപേക്ഷിക്കുന്നുണ്ട് ആശ്രയിക്കുന്നുണ്ട് ജിജ്ഞാസ്യന്തരശ ഇവിടെ ബ്രഹ്മമല്ലാതെ വേറെ ഒരു ജിജ്ഞാസ്യത്തെ കാണിച്ചിട്ടുമില്ല നിർദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് ബ്രഹ്മെന്ന് പറയുന്ന ഇവിടുത്തെ ജിജ്ഞാസയുടെ വിഷയം ജിജ്ഞാസയുടെ കർമ്മം ശേഷ ശക്തി പരിഗ്രഹയെ ബ്രഹ്മണോ ജിജ്ഞാസാ കർമ്മത്വത പറയുന്നു ഷഷ്ടി ശേഷേ ശേഷ ഷഷ്ടിയാണെങ്കിലും ബ്രഹ്മൻ തന്നെയാണ് ഇവിടെ ജിജ്ഞാസയുടെ കർമ്മം അതിന് വിരോധമൊന്നുമില്ല എന്തുകൊണ്ട് സംബന്ധ സാമനുസ്യവിശേഷനിഷ്ടത്വ ശേഷി എന്ന് പറയുമ്പോൾ സംബന്ധാർത്ഥത്തിലാണ് സംബന്ധമെന്ന് പറയുമ്പോൾ എന്താണ് കർമ്മമാകാം പൊതുവെ സംബന്ധമെന്ന് പറഞ്ഞാൽ അത് കർമ്മമാകാം ഏവമബി ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രത്യക്ഷം ബ്രഹ്മണ കർമ്മത്വം ഉത്സ്രജിയ ക്കെയാണെങ്കിലും ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷമായിട്ടുള്ള കർമ്മത്തെ വിട്ടിട്ട് സാമാന്യദ്വാരനെ പരോക്ഷം കർമ്മത്വം കൽപ്പിച്ചു സാമാന്യമായി സംബന്ധാർത്ഥം എടുത്തിട്ട് അതിൽ ഉൾപ്പെടുന്നതാണ് കർമ്മം അതുകൊണ്ട് അങ്ങനെ കൽപ്പിച്ചാൽ പരോക്ഷ കർമ്മത്വമായി പോകും പ്രയാസ്യ കൂടുതൽ ഇവിടെ അധ്വാന ആവശ്യം കർമ്മന് സൃഷ്ടിയെടുത്താൽ ബ്രഹ്മം നേരിട്ട് കർമ്മവും എടുത്തു കഴിഞ്ഞാൽ സംബന്ധ അർത്ഥമെടുത്തിട്ട് സംബന്ധത്തിൽ ഒന്നാണ് കർമ്മം എന്നുള്ള അർത്ഥം കൊടുക്കുമ്പോൾ അവിടെ അധ്വാനം കൂടുതൽ വേണ്ടിവരും നമ്പിടുത്ത പൂർവപക്ഷി പറയുമ്പോ അർത്ഥമില്ല പൂർവപക്ഷി പറയുന്ന ബ്രഹ്മ ആശ്രിത അശേഷ വിചാര പ്രതിജ്ഞ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിചാരങ്ങളും പ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നേരത്തെ വിശദീകരിച്ച കാര്യങ്ങളും മുമ്പ് വന്നു ബ്രഹ്മത്തെ ആശ്രയിച്ചുള്ള അതായത് അതിന്റെ പ്രയോജനം ബ്രഹ്മസ്വരൂപം പ്രമാണം യുക്തി സാധനം പ്രയോജനം ഇതെല്ലാം പ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു ശരി പൂർവപക്ഷി സ്വാഭിപ്രായം സ്വന്തം അഭിപ്രായത്തെ ഉദ്ഘാടതി വെളിപ്പെടുത്തുന്നു ബ്രഹ്മ വിശാ വിചാര പ്രതിജ്ഞ ബ്രഹ്മസ്വരൂപം പ്രയോജന യുക്തി തുടങ്ങിയ കാര്യങ്ങളും വ്യക്തമാക്കുന്നതിനു വേണ്ടിട്ട് ഇവിടെ സംബന്ധാർത്ഥ എടുക്കണമെന്നാണ് ഇത് ചെയ്യുന്ന അത് ശരിയല്ല പാമതി പറയുന്നു വ്യാഖ്യാതം ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങളും അത് നേരത്തെ പറഞ്ഞാണ് ബ്രഹ്മസ്വരൂപം യുക്തി പ്രയോജനം തുടങ്ങിയ കാര്യങ്ങൾ വ്യാഖ്യാതം കാര്യം വ്യാഖ്യാതം വ്യാഖ്യാനിച്ചു അധസ്ഥാത് മുമ്പ് അവിടെ സിദ്ധാന്തം പറയുന്നു പ്രധാന പരിഗ്രഹയെ തത് അപേക്ഷിതാനാം അർത്ഥ അക്ഷിപ്തത്വ പ്രധാനത്തെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അപേക്ഷിച്ചു വരുന്ന ബാക്കിയുള്ള എല്ലാം അർത്ഥാസിദ്ധമാവും പറയുന്നു സമാധ പ്രധാന പരിഗ്രഹെ ണി പറയുന്നു മുഖ്യ അർത്ഥത്തെ എടുക്കുക കർമ്മ സൃഷ്ടിയെടുത്തിട്ട് ബ്രഹ്മം കർമ്മമാണെന്ന് എടുക്കുക ജിജ്ഞാസയുടെ കർമ്മം അതെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ബ്രഹ്മസ്വരൂപം പ്രയോജന യുക്തി തുണിയ കാര്യങ്ങളെല്ലാം അർത്ഥാത്കട്ടം ഉം ഭാമതി പറയുന്നു വാസ്തവം പ്രാധാന്യം ബ്രഹ്മണ ശരിയാണ് ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോ പ്രാധാന്യം ബ്രഹ്മത്തിന് തന്നെയാണ് സമ്മതിക്കാം പിന്നെ അതുകൊണ്ട് ആ ബ്രഹ്മത്തെടുത്തിട്ട് കർമ്മണി ഷഷ്ടി കൊണ്ട് ബ്രഹ്മത്തെടുത്തിട്ട് ബ്രഹ്മസംബന്ധിയായിട്ടുള്ള എല്ലാ വിചാരവും കൂടെ എടുക്കും ശേഷം സനിർശനം ആ തിരോഹിതർത്ഥം കഴിഞ്ഞു വരുന്ന ഭാഗങ്ങളാണ് ശേഷം സനിർശനം ഉദാഹരണം അർത്ഥസ്പഷ്ടമാണ് തിരോഹിതം എന്ന് വെച്ചാൽ മറിഞ്ഞിരിക്കുന്നില്ല അവിടെ ബാക്കി വരുന്ന ഭാഗങ്ങൾ ഭാഷം ഇഷ്ടനിർമത്വ പ്രധാനം ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനത്തിലൂടെ ആപ്തൊന്നിച്ച് അവിടെ അറിയുക എന്നുള്ള അർത്ഥമാണ് അറിയുന്നതിനും അങ്ങേറ്റം ഇഷ്ടമായതായതുകൊണ്ട് ഇവിടെ ബ്രഹ്മമാണ് പ്രധാനം തസ്മിൻ പ്രധാന ജിജ്ഞാസ കർമ്മണി പരിഗ്രഹീത അപ്പൊ പ്രധാനമാണ് അത് ജിജ്ഞാസയുടെ കർമ്മമാണ് വിഷയമാണ് അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതാണ് തസ്മിൻ പ്രധാന ജിജ്ഞാസാ കർമ്മണി പരിഗ്രഹീത ഏര് ജിജ്ഞാസതയർ വിനാ ബ്രഹ്മ ജിജ്ഞാസെന്നവതി ഏതേതെല്ലാം വിഷയങ്ങളെ കൂടാതെ ബ്രഹ്മ ജിജ്ഞാസ താനി അർത്ഥാക്ഷിപ്താൻ അത് അർത്ഥാത് അതാണ് ഇന്ന പ്രത്യേക സൂത്രകരപ്പിക്കാൻ അതിനുവേണ്ടി പ്രത്യേകിച്ച് സൂത്രത്തിന്റെ ആവശ്യം എന്ന് വെച്ചാൽ അതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു അർത്ഥം കല്പിക്കേണ്ട കാര്യമില്ല അതാണ് ഈ ജിജ്ഞാസിതീന്ന ഏതേതെല്ലാം വിഷയങ്ങൾ എന്നുവെച്ചാൽ അല്ലാതെ പ്രയോജനം യുക്തി തുടങ്ങിയ കാര്യങ്ങൾ സാധനം ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞുകഴിഞ്ഞാലേ ബ്രഹ്മ ജിജ്ഞാസിത ആകത്തുള്ളു ഇതിനൊന്നും അറിഞ്ഞില്ലെങ്കിൽ ബ്രഹ്മ െന്ന് പറയുന്ന ബ്രഹ്മ ജിജ്ഞാസ പൂർത്തിയാകത്തില്ല വെറുതെ ബ്രഹ്മത്തെങ്ങറിഞ്ഞാ പോരാ പിന്നെ എന്താണ് ജ്ഞാനം എന്താണ് അതിന്റെ സാധനം എന്താണ് പ്രയോജനം എന്താണ് അവിടുത്തെ യുക്തി ഇതെല്ലാം അറിയും അമ്മ കർമ്മനിഷ്ടിയെടുത്താലും ഇതെല്ലാം അറിയാൻ പറ്റുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് താനീ അർത്ഥാക്ഷിപ്താന് അർത്ഥാത്ത മനസ്സിലാക്കാൻ പറ്റും എന്നാ പൃഥക് സൂത്ര ചെയ്ത വ്യാൻ അതിനു വേണ്ടിയിട്ട് എന്താണ് ഇവിടെ ശേഷ സൃഷ്ടി അങ്ങനെ ഒരു അർത്ഥം എടുക്കേണ്ട കാര്യമില്ല കർമ്മിഷ്ടി മതി അപ്പൊ കർമ്മ സഷ്ടിക്കുന്ന കർമ്മസഷ്ടി എടുക്കുമ്പോൾ ബ്രഹ്മം എന്നിട കിട്ടും അതോടൊപ്പം തന്നെ ബ്രഹ്മ വിജ്ഞാസനായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാവുന്നതാണ് അതിന് ഉദാഹരണം പറയുന്നത് അതാണ് ഭാമതി പറഞ്ഞ സനിദർശനമെന്ന് യഥാ രാജാസുഖ്യുക്തേ രാജാവ് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപരിവാര പരിവാരങ്ങളോടുകൂടി രാജാവിന്റെ പോക്ക് എന്ന് കിട്ടുന്നു തദ്വത് പോുതി അനുഗമ അടുത്ത് പറയും ഇത് ശ്രുതിയുമായിട്ട് യോജിക്കുന്നുണ്ട് എങ്ങനെ യദോവായി മാനി ഭൂതാനി ജായന്റെ തൈത്തിരേത്തി പറയും എവിടെ നിന്നാണോ ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് ശ്രുതിറിയേണ്ടത് അതാണ് ബ്രഹ്മം ഇത് പ്രത്യക്ഷമേവ നേരിട്ട് തന്നെ ബ്രഹ്മണോ ജിജ്ഞാസാ കർമ്മത്വം ദർശയന്തി ബ്രഹ്മമാണ് ജിജ്ഞാസയുടെ വിഷയമെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കർമ്മി ഷഷ്ടി എടുത്താൽ മതി ശേഷേ ഷഷ്ടി എടുക്കണ്ട ശ്രുതി അനുഗമസ്ഥ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രുതി ഇതിനോട് പൊരുത്തപ്പെടുന്നതാണെന്നുള്ളത് ആ തിരോഹിതം വ്യക്തമാണെന്ന് ചോദിച്ചാൽ അവിടെ ഭാഷമാണ് ഷഷ്ടി പരിഗ്രഹേ സൂത്രേണ അനുഗതം ഭവതി അതുകൊണ്ട് ചൂര്യെടുത്തു കഴിഞ്ഞ സൂത്രവുമായിട്ട് യോജിക്കും അതുകൊണ്ട് ബ്രഹ്മണിഷ്ടിയാണ് എന്ത് സൃഷ്ടിയല്ല ഇതാണ് ഇതുവരെ പറഞ്ഞ മുഴുവൻ ഈ കാര്യമാണ് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ബ്രഹ്മ ജിജ്ഞാസെന്നു വെച്ചാൽ ജിജ്ഞാസയുടെ വിഷയം ബ്രഹ്മമാണ് ഇത്രയും അറിഞ്ഞാൽ മതി അത് കർമ്മനു ശേഷ്ഠിയാണോ ശേഷിയാണോന്നിങ്ങനെ വ്യാകരണത്തിലൂടെ ആ ചർച്ചയെ ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറയുന്നത് പഴയൊരു ശൈലി പണ്ഡിതന്മാര് അതിനെ ഇങ്ങനെ കീറിമുറിച്ച് പരിശോധിക്കും വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത്രേം മനസ്സിലാക്കേണ്ടതാണ് ജിജ്ഞാസ എന്ന് വെച്ചാൽ അറിയുന്നതിനുള്ള ആഗ്രഹം എന്തിനെ ബ്രഹ്മത്തെ ഇത്രേയുള്ളൂ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള പിന്നെ ജിജ്ഞാസയ്ക്ക് വിചാരമെന്നർത്ഥം പറയും അപ്പോ ബ്രഹ്മത്തെ അറിയുന്ന വിചാരം ചെയ്യേണ്ടതാണ് ഇനി അടുത്ത ജിജ്ഞാസയെ വ്യാഖ്യാനിക്കും ഇതുവരെ ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മ ജിജ്ഞാസ അവിടെയാണ് വ്യാഖ്യാനം ആ ബ്രഹ്മണ എന്ന് പറയുന്ന സൃഷ്ടിയിലാണ് ജിജ്ഞാസ പദത്തെ വ്യാഖ്യാനിച്ചു അധ ആദ്യ വ്യാഖ്യാനിച്ചു സമ്പത്തി അനന്തരം അടുത്ത് അതഹ ആദ്യ വ്യാഖ്യാനിച്ചു എന്താ പറഞ്ഞത് എന്നാണ് എന്താ കേട്ടോണ്ടിരിക്കുന്നു അതഹയുടെ അടുത്തെന്താ പറഞ്ഞത് അതാധ അത് കഴിഞ്ഞൊരു അതഹയുണ്ടവിടെ അതിന്റെ വാക്കുകളെങ്കിലും പരിചയപ്പെട്ടിരിക്കുന്നു അതഹയുടെ അർത്ഥം എന്താ പറഞ്ഞത് സ്വർഗാദിഫലങ്ങൾ അനിത്യമായതുകൊണ്ട് അല്ലെങ്കിൽ ഏലോകത്തിനെയും പരലോകത്തിനെയൊക്കെ കർമ്മഫലങ്ങൾ അനിത്യമായതുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹിക്കേണ്ടതാണ് എത്തേ ആദ്യത്തെത്ത സ്വകാര്യ സ്വാമി എത്ര പ്രാവശ്യം പറഞ്ഞാൽ പറയൂ സ്വാമി ജോലിപ്പം ഞാൻ എനിക്ക് പറയാൻ ും പറഞ്ഞുള്ളത് സ്വന്താതി ഇടയിലാണെന്നും മറ്റേത് ശ്രമമാതി ഇടാനന്തരമാണെന്നൊന്നും എത്ര നമ്മൾ പറയാൻ പറ്റില്ലേ നീക്കൂട്ട് നാടൊക്കെ ഞാൻ നാണവില്ലാത്തവനായതുകൊണ്ട് പഠിപ്പിക്കുന്നു ജാതുച്ച ജിജ്ഞാസ ഭമതിന് തമതം സമാസം വ്യവസ്ഥപ്യ ജിജ്ഞാസ പദാർത്ഥമാഹ് ഇതുവരെ പറഞ്ഞ രീതിയിൽ അഭിമതം സമാസം തന്റെ ആശയത്തിലുള്ള അല്ലെങ്കിൽ തന്റെ അഭിപ്രായത്തിലുള്ള സമാസത്തെ വ്യവസ്ഥാപ്യ സമർത്ഥിച്ചതിനു ശേഷം അരിഭാഷകാരൻ ജിജ്ഞാസാ പദാർത്ഥമാഹ അത് കഴിഞ്ഞ് ജിജ്ഞാസാ പദത്തിന്റെ അർത്ഥത്തെ പറയുന്നു തനിക്ക് അഭിമതമായ സമാസംന്ന് പറയുന്ന അടുത്ത നാണക്കേട് പശുകാരന അഭിമതമായ സമാസം ഏതാണ് കർമ്മനിഷ്ഠ അത് പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നു ഭാഗതികാരം പറയുന്നു തെറ്റാസാന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഭാഷത്തിൽ ജിജ്ഞാസ അറിയുന്നതിനുള്ള ഇച്ഛയാണ് ഗന്ധം ജിഗമിഷ ജേതമിച്ചോതുംച്ച ശുശ്രൂഷ ഇങ്ങനെ ആണ് പദങ്ങൾ ഉണ്ടാവും ഫ്ളൈറ്റ് മോഡൽ വെച്ചാ പറയുന്ന ആഗ്രഹമാണ് അവഗതി പര്യന്തം ജ്ഞാനം അവഗതി വരെ വരെയുള്ള ജ്ഞാനം അവഗതിക്ക് ഭാഷ നേരത്തെ ഒക്കെ അർത്ഥം പറഞ്ഞാണ് ഓർമ്മയേണ്ട അപഗതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത് എന്താണ് ഇതൊക്കെ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് ഒരുപാട് കേട്ടുപോകണം ആഗ്രഹത്തിന്റെ എന്നാലും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തോ ബ്രഹ്മസൂത്രം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം പ്രയോജനം ഉണ്ടാവണെങ്കിൽ ഒരു തവണയെങ്കിലും കേട്ടു പോകണം ഒരു തവണ കുറഞ്ഞ വർഷം കേക്കാറുണ്ടോ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇവിടെ യാതൊരു പ്രയോജനമില്ല സമയം മെനക്കെടുത്താന്നെയാണ് കേട്ടി അതുകൊണ്ട് പ്രയോജനം ഒന്നുമില്ല കാരണം ഒരുപോണെ കേട്ടെന്ന് പറഞ്ഞിട്ട് അതൊന്നും മനസ്സിലാക്കില്ല കേക്ക് സാധാരണ കൈ അങ്ങനെയാണ് നിങ്ങള് മാത്രമല്ല ആദ്യം കേൾക്കുന്നവർഗൊന്നും ഇതെന്നൊന്നും ഒന്നും മനസ്സിലാകത്തില്ല നിങ്ങനെ തരയണ പോലെ ഒരു വലിയ ബസ്സോ എടുത്തു കൊണ്ടുകൂടെ എഴുതിട്ട് ബ്രഹ്മസൂത്രം പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു സന്തോഷം അതേ ഇതിന് പ്രത്യേകിച്ചൊരു കാര്യം കഴമ്പോയി എന്താണെന്നൊരു ആശയമെങ്കിലും കിട്ടണ്ടേ മനസ്സൊന്നു കേട്ടിട്ടും കാര്യണ്ട മനസ്സുറച്ച് കേക്കണം നമ്മള് കേൾക്കുമ്പോ എന്തെങ്കിലും ചിന്തിച്ചോണ്ട് കേൾക്കുകയാണെങ്കിൽ അതുകൊണ്ടും പ്രയോജനമില്ല അവിടെ പഠിപ്പിച്ചിട്ടില്ലേ ബ്രഹ്മസൂത്രം ഉം ഞാൻ കേട്ട് കളഞ്ഞാ അതുകൊണ്ട് പ്രയോജനമല്ലൊരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട് വിഷയങ്ങളൊക്കെ സാറിന് ഒരാളുടെ മനസ്സിൽ അങ്ങനെ ഇരിക്കത്തില്ല മനസ്സിലായെന്ന് തോന്നിയാലും മനസ്സിലാക്ക അവഗതി പര്യന്തം ജ്ഞാനം അവഗതിക്ക് അർത്ഥം പറഞ്ഞ സാക്ഷാത്കാരം അതുവരെയുള്ള ജ്ഞാനമാണ് സന്മാ ഇച്ഛായ സൻ എന്റെ അർത്ഥമായ ഇച്ഛ അതിന്റെ കർമ്മം എന്ന് വെച്ചാ വിഷയം ഇച്ഛയുടെ വിഷയം എന്താണ് സാക്ഷാത്കാരം ഞാനെന്നു വെച്ച ഞാതും മിച്ചാന്നാണ് അറിയുന്നതിനുള്ള ആഗ്രഹം എന്തിനുള്ള ആഗ്രഹം അറിയുന്നതിനുള്ള അപ്പൊ അറിവ് എന്താണ് സാക്ഷാത്കാരം എന്തിന്റെ സാക്ഷാത്കാരം എന്തിന്റെ സാക്ഷാത്കാരം അതും അറിയില്ല ബ്രഹ്മത്തിന്റെ ഫല വിഷയ ഇച്ഛയ്ക്ക് ഉള്ള വിഷയം എന്തായിരിക്കും ഫലം ഏ ഫല വിഷയത്തു വച്ചാൽ ജ്ഞാനേന ഹി പ്രമാണേന ബ്രഹ്മം ജ്ഞാനമാകുന്ന പ്രമാണം കൊണ്ട് അറിയുന്നതിന് ഇഷ്ടമാണ് ബ്രഹ്മം ജ്ഞാനമാകുന്ന പ്രമാണം കൊണ്ട് അറിയുന്നതിന് ഇഷ്ടമാണ് ബ്രഹ്മം അത് വിശദീകരിക്കേണ്ടതാണ് ഇന്ത്യൻ്റെ ഭാഗതി പൂർവ്വക്ഷ ജ്ഞാനം ഒരിക്കലും ഇച്ഛയുടെ വിഷയമാകത്തില്ല എന്നുവെച്ച അറിവിനെ ആരും ആഗ്രഹിക്കത്തില്ല എന്നാണ് അറിവിനാർക്കും അറിവിന ശരിയാണ് നമുക്ക് അറിവിനാരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ ഉണ്ടോ എന്തുകൊണ്ടാഗ്രഹിക്കുന്നില്ല സുഖദുഃഖഅ അപാപ്തി പരിഹാരവും വായവും വാ തദ്വാരണ ഇച്ഛാ ഗോചരം ബ്രഹ്മവിജ്ഞ മനുഷ്യന് സാറിന് ആഗ്രഹിക്കുന്നത് എന്തിനാണ് അപാപ്തി സുഖത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കും സുഖത്തെ പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കും അല്ലെങ്കി എന്തിനാഗ്രഹിക്കും ദുഃഖ പരിഹാരത്തെ ആഗ്രഹിക്കും അല്ലെങ്കി പിന്നെന്താഗ്രഹിക്കും സുഖപ്രാപ്തിക്കുള്ള എന്താ വഴിയെന്ന് ആഗ്രഹിക്കും അല്ലെങ്കി പിന്നെന്താഗ്രഹിക്കും ദുഃഖ നിവർത്തിക്കുള്ള ഉപായം എന്താണെന്ന് ആഗ്രഹിക്കും ഇതാണ് മനുഷ്യ സാറിന് ആഗ്രഹിക്കുന്നത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ആഗ്രഹിക്കാൻ പറഞ്ഞത് സുഖപ്രാപ്തി അല്ലെങ്കിൽ ദുഃഖം നിവർത്തി രണ്ട് അല്ലെങ്കിൽ രണ്ടു സുഖപ്രാപ്തിക്കുള്ള ഉപായം വഴി എന്താണ് അല്ലെങ്കിൽ ദുഃഖം നിവർത്തിക്കുള്ള വഴി എന്താണെന്നും പൊതുവെ മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണോ മനുഷ്യർ അങ്ങനെയാണോ ഞാനത്തെ ആരാഗ്രഹിക്കുന്നു ഏ ഈ അറിയാൻ ശ്രമിക്കുന്നവര് അത് ദുഃഖത്തിന്റെ നിവർത്തിക്ക് ഞാനോ ഉപരിക്കുമെന്നും ഞാനും ഉപകരിക്കുമെന്ന് അറിയുന്നവർ ചിലപ്പോ ഞാനത്തെ ആഗ്രഹിക്കും അതിന്റെ അതോടെ അറിയണം അ വെറുതെ ആരും ഞാനത്തെ ആഗ്രഹിക്കില്ല എന്നിപ്പം മനുഷ്യൻ ജ്ഞാനത്തെ ആഗ്രഹിക്കുന്നു അറിവിനെ ആഗ്രഹിക്കുന്നു എന്തിനു വേണ്ടിട്ട് അറിവിനെ ആഗ്രഹിക്കുന്നത് അറിവുണ്ടായി കഴിഞ്ഞാൽ പരീക്ഷ എഴുതാം പരീക്ഷ എഴുതിയാ പാസ്സാവാം പാസായി കഴിഞ്ഞാൽ ജോലി കിട്ടും ജോലി കിട്ടിയാൽ ശമ്പളം കിട്ടും അങ്ങനെ ഞാനത്തെ ആഗ്രഹിക്കും അങ്ങനെ മനുഷ്യ ആഗ്രഹി അപ്പൊ സുഖം അവസാനം സുഖം എന്നുള്ള പ്രതീക്ഷയിൽ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അറിവിനെ നേടുന്നതിനുള്ള ആഗ്രഹം ൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾ എന്താണ് അങ്ങനെ അറിവ് സുഖത്തെ ഉണ്ടാക്കുന്നതാണെന്ന് അയാൾക്ക് തോന്നണം അറിവ് അറിയുന്നതാണ് എന്റെ സുഖം എന്നറിയണം സാധാരണ മനുഷ്യർ എങ്ങനെയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത് അറിയുന്നത് അയാളൊരു സുഖം കണ്ടെത്തണം അങ്ങനെയാണെങ്കി അറിയാനും മനുഷ്യ ചിറങ്ങും പക്ഷെ അവിടെ അവന്റെ സാധാരണ മനുഷ്യന്റെ കാര്യം പറയണം എന്റെ ഈ അറിവിനെ ആഗ്രഹിക്കുന്നവുള്ളവനും ആ അറിവ് അവനൊരു സുഖം കൊടുക്കുമെന്ന് അറിയുന്നത് സുഖമാണെന്ന് കരുതുന്നവൻ അറിയാഗ്രഹിക്കും ദുഖം നിവർത്തിന്ന് വരുന്ന വേറെ ദുഃഖം എന്ന് പറയുന്ന എനിക്കിപ്പോ ഒരു ദുഃഖമുണ്ട് ആ ദുഃഖം പോകാൻ വേണ്ടിട്ട് ഈ അറിവ് സഹായിക്കുമെങ്കിൽ അങ്ങനെ ഇപ്പോ പ്രത്യേകിച്ച് ഒരാൾക്ക് ദുഃഖമൊന്നുമില്ല ഒരാൾക്ക് എന്തിനേയും കുറിച്ചുള്ള ഒരു അറിവ് ആഗ്രഹിക്കുന്നത് അയാള് ആ അറിവ് നേടുന്നത് സുഖം എന്ന് കരുതുന്നുണ്ട് ദുഃഖം നിവർത്തി എന്നുണ്ടോ ദുഃഖം ഉണ്ടെങ്കിലേ ദുഃഖം നിവർത്തി ചെയ്ത പ്രശ്നമുണ്ട് ദുഃഖം ഉണ്ടെങ്കിൽ എന്തോ ദുഃഖം നിവൃത്തി മനുഷ്യൻ പൊതുവേ പ്രവർത്തിക്കുന്ന അങ്ങനെ സുഖത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പൊതുവെ നമ്മള് ധരിച്ചു വച്ചിരിക്കുന്നത് സുഖം കൊണ്ടാണെന്നാണ് നമ്മളെ ധരിച്ചു വച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സാറിന് അദ്ധവിതകളൊക്കെ പറയും പൊതുവെ ആത്മീയ സാഹിത്യത്തിൽ ക്ഷണികമായ സുഖത്തിന് വേണ്ടി മനുഷ്യൻ ഓരോന്നിന്റെ പുറകെ പോകുന്നു വിഷയങ്ങളുടെ പുറകെ പോകുന്നു അങ്ങനെ സാറിന് പറയാറുമുണ്ട് മായ സുഖം എന്ന് വെച്ചാൽ ഏത് സുഖം നേടിക്കഴിഞ്ഞാൽ അത് നശിച്ചു പോകും പെട്ടെന്ന് തന്നെ നശിച്ചു അപ്പൊ അങ്ങനെ സുഖം പെട്ടെന്ന് നശിച്ചു പോകുന്നത് എങ്കിലും ആ സുഖത്തിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു പ്രവർത്തിക്കുന്നു അങ്ങനെ എന്നാ ഇത് പൂർണമായിട്ട് ശരിയല്ല അങ്ങനെ പൊതുവെ പറയുന്നുണ്ടെങ്കിൽ പൂർണമായും ശരിയല്ല ആണോ അല്ല എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ അതിലതീതമായിട്ട് സാക്ഷിയായിരിക്കുന്നത് ആയിരിക്കുന്ന സുഖണ്ട് അത് അത് മൂന്നാമതൊരു സുഖമാണ് സാക്ഷ്യപാർത്ഥനകൾ അല്ലെങ്കിൽ ഉപനിഷത്തിലൊക്കെ രണ്ട് പക്ഷികളെ കുറിച്ച് പറയുന്നത് ഭക്ഷണം കഴിക്കാതെ ഒരിക്കലും പാട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി രമണവാർട്ടിക്ക് കരുതി നടത്തി പിന്നെ അതിനോട്ടുള്ള ശ്രമം നടത്താൻ ഇച്ഛ ആ സംസാരമാണ് വർഷിക്കുന്ന കുട്ടിക്കാലത്ത് ഒരു സുഖം ഉണ്ടായി അനുഭവം ഉണ്ടായി ശരിയാണ് അല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് നശുപോയില്ലേ പെട്ടെന്ന് പിന്നെ അത് നശിച്ചുപോയി പിന്നെ താ ആഗ്രഹിച്ചോ പിന്നെ വന്നോ പിന്നെ പിന്നെ അങ്ങനെ വീട് വിട്ടുപോയി പിന്നെ എന്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയത്തില്ല എന്തായാലും വീട് വിട്ടുപോയി അതൊരു ജിജ്ഞാസ പിന്നെ അതും ആദ്യമുണ്ടായ അനുഭവം മരണം പോലുള്ള അത് സുഖമാണെന്ന് പറയുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് ഒരു അനുഭവം എന്നേ പറയുന്നു ആനന്ദമാണെന്നൊന്നും പറയുന്നില്ല ഒരു പ്രത്യേക അനുഭവം ഉണ്ടായിരിക്കും അത് ഈ എപ്പിലെപ്സിയുടെ ഒരു അടയാളമാണ് ടെമ്പർ ലോബ് എപ്പിലെപ്സി കുട്ടിക്കാലത്ത് അങ്ങനെ വരുന്നത് അതിന്റെ ഒരു അടയാളമാണത് ഇന്ന് സൈക്കാട്രിയിൽ പറയുന്നത് ടെമ്പർ ലോബ് എപ്സിലെപ്സി ബന്ധപ്പെട്ടതായിരുന്നു അന്ന് അങ്ങനെ ഒരു പഠനങ്ങളൊന്നും ഇല്ലായിരുന്നു അന്നത്തെ രീതിയിൽ പറയും അത് ആത്മീയമായൊരു ഇതാണ് ഞാൻ ഏതെങ്കിലും ഒരു പക്ഷത്തെന്ന് പറയുന്നതല്ല ഇതിനെയൊക്കെ എങ്ങനെയാണ് അന്ന് മനുഷ്യർ കണ്ടതും ഇന്നെങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു കൊച്ചുകുട്ടിക്ക് എന്തായാലും അറിയില്ല തനിക്കെന്താ സംഭവിച്ചത് നല്ല ബോധമൊന്നും ഉണ്ടല്ലോ അന്ന് മുതിർന്നവർക്കും അറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി അത് വിട്ടുപോയി കാട്ടിലേക്കൊക്കെ പോയി ഇന്നാണെങ്കിൽ അങ്ങനെ വരവേറെ കുട്ടിക്കുണ്ടായി കഴിഞ്ഞാൽ ഉടനെ അവർ കൊണ്ട് ചികിത്സ ചെയ്യും ചികിത്സ ചെയ് കഴിഞ്ഞാൽ പിന്നെ വീടൊന്നും ഇട്ടു പോകത്തില്ല അതാണ് അന്നും ഇന്നും വേണ്ട വ്യത്യാസം ഇന്നത്തെ അനുഭവങ്ങൾക്ക് എന്താ ട്രീറ്റ്മെന്റ് കൊണ്ട് ശരിയാക്കും പണ്ട് അങ്ങനെ ആയിരുന്നുണ്ട് അതന്നങ്ങനെ ഇതെന്ന് ഇങ്ങനെ അതെ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതാണോ ശരി ഇതാണോ ശരി ഞാൻ പറയുന്നുണ്ട് ഇന്നെന്ത് നടക്കുന്നു ഞാൻ പറയുന്നു ഇപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സുഖം എന്ന് പറയുന്നുണ്ടെങ്കിലും മനുഷ്യര് ഒരുപാട് ക്ലേശങ്ങൾ സഹിക്ക ഒരുപാട് ക്ലേശങ്ങൾ കൂടുതലാണ് ഒരുപാട് ക്ലേശ പല കാര്യങ്ങളിലും മനുഷ്യനെന്ത് ചെയ്യുന്നു ഒരുപാട് ക്ലേശങ്ങൾ അറിഞ്ഞുകൊണ്ട് സഹിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നേട്ടം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്ലേശങ്ങൾ മനുഷ്യൻ സഹിക്കാൻ തയ്യാറാവുന്നു അപ്പോൾ അത് സുഖത്തിന് വേണ്ടിയാണ് ആണെങ്കിൽ അവൻ്റെ ഓരോ പ്രവൃത്തിയിലും സുഖം കിട്ടണം ഓരോ പ്രവൃത്തിയിലും ദുഃഖം വന്നാലും മനുഷ്യർ ക്ലേശങ്ങൾ സഹിച്ച് മുമ്പോട്ട് പോയി ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് ലക്ഷ്യം കിട്ടിയെന്നും വരും കിട്ടിയില്ലെന്നും വരും ലക്ഷ്യം ചെലവ് പ്രായോഗികമായിരിക്കും അല്ലായിരിക്കും പക്ഷെ ആ അവന്റെ ദുഃഖം മാത്രമാണെങ്കിലും മനുഷ്യർ പോകും മനസ്സിലായോ ഒരാള് ഒരു ഒരു അത്ലറ്റ് നിരന്തരം കഠിനമായ പരിശ്രമം നടത്തുകയാണ് പ്രാക്ടീസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അയാള് ഭക്ഷണം നിയന്ത്രിക്കുന്നു ഒരുപാട് കസർത്തുകൾ ചെയ്യുന്നു മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്യുന്നു അല്ലേ ഒരാള് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു അതെന്താ അസുഖങ്ങളേർപ്പാടാണ് അപ്പൊ അവിടെ എന്താണ് സുഖമാണ് അയാളെ ആ പ്രവൃത്തിയില് തുടത്തി കൊണ്ടുപോകുന്ന സുഖമാണോ ഒരു അത് അയാളെന്തോ കുരുക്കളിപ്പെട്ടു പോയി അത് ഇത് കരകയറാൻ പറ്റില്ല മനസ്സിലായപ്പോ ആത്മഹത്യ സാമ്പത്തിക ഇടപാടുകളിലും മറ്റും ഒക്കെ അയാള് കുരുങ്ങിപ്പോയി അപ്പോ അതുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്ത് മരിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത് ഒരാള് ബോക്സിംഗിൽ പ്രാക്ടീസ് ചെയ്തു ഭയങ്കരമായ ക്ലേശമാണ് അയാൾ അയാള് നിരന്തരമായി പരിശ്രമിക്കുമ്പോൾ അയാള് സുഖം ആണ് അയാളവിടെ നേടുന്നത് അയാൾക്കൊരു ലക്ഷ്യം കാണും ഒരു മാച്ച് വിൻ ചെയ്യണമെന്നുള്ളൊരു ലക്ഷ്യം അത് നേടിയായൊക്കെ സന്തോഷമായിരിക്കും നേടുകൊന്നുമില്ല പ്രാക്ടീസ് ചെയ്യുകയാണ് ചിലപ്പോൾ നേടിയെന്ന് വരും നേടിയില്ലെന്നും വരും വളരെ കർശനമായ പരിശ്രമത്തെയാള് ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോ ഈ പരിശ്രമവും തുറയുന്ന സുഖമാണോ ഉണ്ടാകുന്നു അത് ക്ലേശങ്ങളാണ് അപ്പൊ ഇതിനെന്ത് പറയും ഇതിനെന്ത് മനുഷ്യൻ ഈ സുഖത്തിനപ്പുറം മേറുന്നുണ്ട് സുഖത്തിനപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് എന്താണോ ജീവിതത്തിന് അർത്ഥമുള്ളതെന്ന് മനസ്സിലാക്കുന്നു അതിനുവേണ്ടി പരിശോധിക്കും ജീവിതത്തിൽ സാർത്ഥകമൊന്നും മനസ്സിലാക്കും മീനിംഗ്ഫുൾ എന്നെന്താണോ കാണുന്നത് അതിന് വേണ്ടിയിട്ടൊരാൾ പരിശ്രമിക്കും അത് സുഖം നേടാനുള്ള പരിശ്രമം അല്ല ഇത് വേറെയാണ് സംഗതി അപ്പ എന്ത് ക്ലേശകരമായ കാര്യങ്ങളിലും പലതവണ എവറസ്റ്റ് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു പലവണ പരാജയപ്പെട്ടു ഒരിക്ക മേളിൽ അതിലൊരു സന്തോഷമെന്ന് പറയുന്ന ഏറ്റവും മേളിൽ ഒരു നിമിഷം രണ്ടു നിമിഷം അവിടെ നിൽക്കാൻ പറ്റിരുന്നാ ചത്തും പെട്ടെന്ന് ഇങ്ങറങ്ങി പോർണ് അപ്പോ അയാള് ഈ യാത്രയിൽ മുഴുവൻ അനുഭവിക്കുന്ന എന്താണ് ക്ലേശങ്ങളാണ് ചിലപ്പോൾ മരണത്തിന്റെ അടുത്ത് വരെ അപ്പൊ അവിടെ എന്താണ് അയാളെ ഇത്തരം പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്ന സുഖമല്ല മറിച്ചെന്താണ് സാർത്ഥകത എന്ന് പറയും എന്റെ ജീവിതം ഇതാ ഇതാണ് ജീവിതത്തെ അർത്ഥമാക്കുന്നതെന്ന് അയാളെ തിരിച്ചറിയുന്നാണ് പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നത് അല്ല സുഖം എന്താ സുഖത്തിന് വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു സുഖം എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞതിന് അയാൾ അയാളെ വന്നിരുന്നു നല്ല ഭക്ഷണമൊക്കെ കഴിക്കുകയും വീട്ടുകാരും ഒക്കെ കൂടിയിരിക്കുകയൊക്കെ ചെയ്യുന്നത് സുഖമാണ് പക്ഷെ അയാളുടെ പ്രവൃത്തി എന്ന് പറയുന്ന ഒരിക്കലും സുഖത്തിനു വേണ്ടിയുള്ള അതായത് ജീവിതത്തിൽ ഒരു കാര്യത്തെ അർത്ഥവത്തായി കാണുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അത് ചിലപ്പം സുഖം കൊടുക്കാം സുഖം കൊടുക്കാതിരിക്കാം മയക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കും ഒരു പർപ്പസ് ആ പർപ്പസിനുവേണ്ടി അയാൾ പ്രവർത്തിക്കണം പർപ്പസ് നേടിയാലേ സുഖം ഉണ്ടാവും നേടിയില്ലെങ്കിൽ സുഖം ഉണ്ടാവത്തില്ല അതായക്കറിയാം ചിലപ്പോൾ പരാജയപ്പെട്ടു പോയത് അപ്പൊ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു പറയുന്നത് എപ്പോഴും ശരിയല്ല വേണ്ടി അല്ലെങ്കിൽ ദുഃഖത്തെ ഒഴിവാക്കാനാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നതിൽ അർത്ഥം എപ്പോഴും ഇല്ല ചിലപ്പോൾ അങ്ങനെയും പ്രവർത്തിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനുവേണ്ടി ഒരുപാട് പേര് പ്രവർത്തിച്ചു ഇപ്പൊ സ്വാതന്ത്ര്യ സമരം വേണ്ടി പ്രവർത്തിച്ചു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തന്നെ മരിച്ചുപോയി അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ സുഖം അനുഭവിക്കാൻ പറ്റിയ അപ്പൊ പിന്നെ അവർ എന്തിനു വേണ്ടി അതിൽ പ്രവർത്തിച്ചു എന്താണ് അവർ എന്താണ് അവരെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് അതെന്താണത് മോശം ലക്ഷ്യം എന്ന് പറയാം ആ ലക്ഷ്യത്തെ എന്തുകൊണ്ട് അവര് തെരഞ്ഞെടുത്തു അതിനാണ് ഉത്തരം പറയുന്നത് അസുഖമാണെന്നറിഞ്ഞോണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടുന്നപ്പോ മരിച്ചുപോയില്ലേ എന്തുകൊണ്ടവര് അതിനെ ലക്ഷ്യമായിട്ടെടുത്തു അവരെന്ത് നേടി അവര് സ്വാതന്ത്ര്യം കിട്ടുന്ന ജയിലില് കിടന്ന് നേടിയുണ്ട് ക്ഷേമ പിടിച്ചു ചത്തും എത്രയോ ിൽ പോയിട്ട് വീട്ടിലും ആ അപ്പൊ സാർത്ഥകമായൊരു കർമ്മം ചെയ്തു എന്നുള്ള ചെയ്യണമെന്നുള്ള അവരുടെ ആദർശം അപ്പൊ അത് സുഖമല്ല അത് അവരുടെ ഒരു ആദർശമാണ് അതിനാണ് അവരുടെ മൂല്യം എന്ന് പറയുന്നത് അതാണ് അവരുടെ ജീവിതമൂല്യം ായിട്ട് അവർ കാണുന്ന എന്താണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക അപ്പോൾ സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതും മൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടാണ് മൂല്യങ്ങൾ എപ്പോഴും സുഖം കൊടുക്കണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് മൂല്യാധിഷ്ഠിത ജീവിതമാണ് ആ മൂല്യാധിഷ്ഠിത ജീവിതവും അവർക്ക് എന്ത് കൊടുക്കുന്നു അവർക്ക് സുഖവും കൊടുക്കും ദുഃഖവും കൊടുക്കും രണ്ടിലൂടെ അവരവസാനം എന്താ നേടുന്നത് സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ അതിനിടയ്ക്കുള്ള സുഖവും ദുഃഖവും അവർക്കൊന്നു കൊടുക്കുന്നു ക്ലേശങ്ങളും അനുകൂലവും പ്രതികൂലവും എല്ലാം അവർക്ക് ഓരോ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും അപ്പം മൂല്യാധിഷ്ഠിത ജീവിതം എന്ന് പറയുന്നത് സുഖത്തിന് വേണ്ടിയിട്ടുള്ള അതിന് സാറ്റിസ്ഫാക്ഷൻ വേണ്ടിട്ടാണ് അവിടെ ഈ പറയുന്നതെന്ന് അവിടെ നിൽക്കി എഴുതി വെച്ചിരിക്കുന്നു മനസ്സിലായോ ഒരാളുടെ ജീവിതത്തെ എന്നതാണ് തോന്നി അവര് ആ ജീവിതത്തിലുള്ള ആദർശത്തെ പിന്തുടരുന്നവരാണ് സാധാരണ മനുഷ്യർ അങ്ങനെ ആയിരിക്കും അവരെ ഒരു സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥൻ അയാളൊരു ആദർശം പിന്തുടരുന്നാണ് കൈക്കൂലി വാങ്ങത്തില്ല അയാളുടെ ഒരു ആദർശമാണ് അപ്പൊ അതിനൊക്കെ ഒരുപാട് ക്ലേശങ്ങൾ സഹിക്കേണ്ടിവരും ഒരുപാട് ശത്രുക്കളുണ്ടാവും പക്ഷെ സുഖത്തിന് വേണ്ടിയാണോ അയാള് കൈക്കൂലി വന്നാതിരിക്കുന്നത് അത് ആണ് സാർത്ഥകത എന്ന് പറയുന്നത് അപ്പൊ സുഖത്തിനു വേണ്ടി സുഖം എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്ന അർത്ഥം അത് ചിലർക്ക് അങ്ങനെയായിരിക്കും എല്ലാവർക്കും അങ്ങനെ മീനിങ് ഫുൾ അപ്പൊ ഇത് രണ്ടു രണ്ട് കാര്യങ്ങളാണ് ജീവിതത്തിൽ ഒരു ആദർശം ഉണ്ടായിരിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക സാർത്ഥകത എന്ന് പറയുമ്പോ എന്താണോ അത്യാവശ്യം അത് സുഖത്തെയും ദുഃഖത്തെയും ഉൾക്കൊണ്ടുള്ള ജീവിതം അതിലൊരു സാറ്റിസ്ഫാക്ഷൻ അതിനാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോയി ആൾക്കാർ ഒരുപാട് പേര് അടിയിടിയൊക്കെ കൊണ്ട് ജയിലിലൊക്കെ പോയി കിടന്നു ചിലര്യൊക്കെ അത് വേറെ നക്സലേറ്റിന്റെ ഒക്കെ അതല്ല അത് എന്താണ് ആന്ധ്രാ പോളജി എന്താ പറയുക ആന്ധ്രാ പോളജി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറ എന്താണ് ആന്ധ്രാ പോളജി മനുഷ്യ സ്നേഹം എന്തിനും ആ ഉത്തരവുള്ള ഒരാൾ വഴിയ അത് കാര്യം മന്ത്രപോള എന്ന് വെച്ചാൽ നരവംശാസ്ത്രം അതൊരു സയൻസ് ആണ് മനുഷ്യ സ്നേഹം പറയുന്നത് സാധാരണ ഹ്യൂമനിസ്റ്റം നടപ്പതി ഹ്യൂമനിസം നടപ്പതി അത് അവരെന്ത് ചെയ്യുന്നു അത് മറ്റുള്ളവരെ സഹായിക്കുക അത് എന്നൊക്കെ ചെയ്യാൻ അവർ ജീവിതത്തിൽ അത് ഒരു ആദർശമായിട്ട് അവരെടുക്കുന്നു അപ്പോ അത് അതിലവർക്ക് ബുദ്ധിമുട്ടുകളും അത് ഇപ്പൊ അത് തന്നെയാണ് കാരണം എന്തെന്ന് വെച്ചാല് ഇപ്പൊ വളരെ വൃത്തികെട്ട ഒരു സാഹചര്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ പോയി കുളിപ്പിച്ച് വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് മറപ്പുള്ള ഒരു സാഹചര്യത്തിൽ അവർ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് പിന്നെ എന്താണ് അത് എന്റെ ജീവിതം ഒരു സാർത്ഥകമായി കാണുന്നോണ്ടാണ് അതിൽ പ്രതി സന്തോഷമൊന്നുമില്ല വൃത്തിയായിട്ട കാര്യം ചെയ്യുന്നത് അവർക്കറിയാം ചിലപ്പോൾ ദുർഗന്ധമുള്ളതായിരിക്കും അപ്പോ അതില് സന്തോഷമൊന്നും ഉള്ള അവര് പക്ഷെ സാധാരണ ഭാഷയിൽ പറയുന്നതാണ് ഇതൊക്കെ ചെയ്യുന്നതാണ് എന്റെ സന്തോഷം അത് സന്തോഷമല്ല അതിനെയാണ് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ അപ്പൊ അവിടെ ജീവിതം മീനിങ്ഫുൾ ആയി കാണുന്നു അതില് മനസിലായോ അത് രണ്ടു തരത്തിലൊന്ന് ഒരു മറ്റൊരു മനുഷ്യനത് ഹാംഫുൾ മറ്റൊരു മനുഷ്യനത് ഒരുതരത്തിലും ദുരോഹിക്കുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ അതയാളൊക്കെ ഒരു അസെറ്റായി കാണുന്നു ക്ലേശങ്ങളും എല്ലാം നക്സലേറ്റ് കുറയുന്നോ അവര് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുന്നു മറ്റുള്ളവർക്ക് ഒരുപാട് ഹാമഫുള്ളായി പ്രവർത്തിക്കുന്നു അവര് ഒരു രാജ്യത്തിന്റെ നിയമത്തെ അനുസരിക്കുന്നില്ല നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നു ഒരു രാജ്യത്തെ വലിയൊരു ഫോഴ്സിനെതിരായി പ്രവർത്തിച്ചിട്ട് അവർ സ്വയം ചത്തുപോകുന്നു ജീവിത പറയാൻ പറ്റിയിട്ടുണ്ട് അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അവര് മറ്റുള്ളവർക്ക് ഒരു വ്യവസ്ഥ അതിനകത്ത് ഒരു ധാര്മ്മികത എന്ന് പറയാൻ പറ്റില്ല അവര് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് അവര് ഇതാണ് വഴിയെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പോ അത് മറ്റുള്ളവർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് സാർത്ഥകമായ എന്ന് പറയാൻ പറ്റിയില്ല അതിനെ സാഹസികമായ ജീവിതം പറയും സാഹസികമായി ജീവിക്കുന്നു അത് ശരിയാവും പക്ഷെ അത് സാർത്ഥകമല്ല അവരത് തിരിച്ചറിയുമ്പോ അത് കളയുകയും ചെയ്യുന്നു മറ്റേ ഇവർക്ക് തിരിച്ചറിവുണ്ട് അവരാര്ക്കും ദോഷം ചെയ്യുന്നില്ല അത് അവർക്ക് സാറ്റിസ്ഫാഷൻ ചെയ്യുന്നു ഈ സുഖം എന്ന് പറയുന്നത് അവിടെയൊന്നും മുഖ്യമല്ല സുഖത്തിനു വേണ്ടിയല്ല അവര് ചെയ്യുന്നു അവര് സുഖം കണ്ടെത്തുന്നത് ഇതിൽ നിന്ന് മാറിയിട്ടായിരിക്കും സുഖം കണ്ടെത്തുന്നു സുഖം കണ്ടെത്തുന്നത് എപ്പോഴായിരിക്കും ഈ പ്രവർത്തിയിൽ നിന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുന്നു അപ്പോൾ അവർക്ക് സുഖമായിരിക്കും അത് പ്രവൃത്തി കഴിഞ്ഞിട്ട് അവര് സിനിമ കാണാൻ പോകുന്നു സുഖമായിരിക്കും പക്ഷെ ഇത്തരം പ്രവൃത്തികളെന്ന് പറയുന്നത് സുഖത്തിനു വേണ്ടിയുള്ള പ്രവൃത്തി അല്ല മീനിങ്ഫുള്ളായ പ്രവൃത്തികളെന്ന് പറയുന്നത് അവര് ഇപ്പോ എന്താണ് ഈ സുഖത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിലൊക്കെ അത് പക്ഷെ പലപ്പോഴും മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് എന്തുകൊണ്ട് മനുഷ്യന് വഴിതെറ്റി മനസിലാക്കുന്നു ഒരാളൊരു ഏതെങ്കിലും ഒരു പോലീസുകാർ പോലീസുകാരുടെ ജോലി ക്രമസമാധാനം പാലിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് പാലിക്കുമ്പോ അയാൾക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അയാൾ എന്ത് ചെയ്യുന്നു അയാളുടെ ഡ്യൂട്ടി എന്നെ ചെയ്യുന്നു എന്റെ ഡ്യൂട്ടി ചെയ്യണമെന്നായിരിക്കും നിർബന്ധം ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അവനോട് സാർത്ഥകമായ ജീവിതം നയിക്കാണ് ആ തൊഴിൽ മറിച്ച് അയാള് സുഖമാണ് കണ്ടെത്താൻ ശ്രമിക്കണെന്ത് വെള്ളമടിച്ചു അയാള് സുഖം കണ്ടെത്തും സ്വാമിമാർക്ക് പറ്റുന്നു അത് തന്നെയാണ് സ്വാമിമാർ സുഖത്തിന് വേണ്ടി ജീവിക്കുന്നു അപ്പൊ അവര് കാണിക്കപ്പെട്ടിന്ന് കഴിഞ്ഞിട്ടു പൈസ എടുക്കും അപ്പൊ ജീവിതത്തിന്റെ സാർഥകത എന്തെന്ന് അവര് തിരിച്ചറിയുന്നു ബാങ്ക് ബാലൻസ് ചെയ്യുന്നു അവര് സുഖത്തെ തന്നെ പിന്തുടരുന്നു സുഖത്തെ പിന്തുടരുക എന്ന് പറയുന്നതിങ്ങനെ വല്യൊരു അപകടമുണ്ട് അപ്പൊ സാർത്ഥമായ ജീവിതമാണെങ്കിൽ കാണിക്കപ്പെട്ടി കൊണ്ട് കഴിയേണ്ട കാര്യം ഇല്ല ആ അവിടെ സാർത്ഥകമായ ജീവിതത്തിൽ എത്തിക്സ് വാല്യൂസ് എല്ലാ കാര്യങ്ങളും ഇതുവായിരിക്കുമായിരുന്നു മുമ്പോട്ട് പോകുന്നു അപ്പൊ അതില് അങ്ങനെയൊക്കെ പാലിച്ചു പോകുമ്പോ പോണെന്ന് നിർബന്ധമില്ല അങ്ങനെ ഒരാള് എത്തിക്സ് വാല്യൂസ് ഓണസ്റ്റി ഇന്റഗ്രിറ്റി തുടങ്ങിയ കാര്യങ്ങൾ പാലിച്ചു പോകുമ്പോൾ അയാൾക്ക് കിട്ടുന്നതാണ് സാറ്റിസ്ഫാക്ഷൻ സുഖത്തെയാണ് ഇവിടെയും അന്വേഷിക്കുന്നതെങ്കിൽ അവൻ പല വഴിക്കും പോകും ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇപ്പൊ സുഖം നേടുന്നതോ അല്ലെങ്കിൽ സുഖത്തെ അന്വേഷിക്കുന്നതോ അല്ല എന്താണ് ഒരർത്ഥവത്തായ ജീവിതം അതുകൊണ്ട് ജീവിതം എന്ന് പറഞ്ഞാൽ സുഖത്തെ നേടാനും ദുഃഖത്തെ ഒഴിവാക്കാനും പറഞ്ഞ പഴയ പാഠങ്ങളിലൊക്കെ തകരാറുകളുണ്ട് അതാണ് ഞാൻ ഈ ഒരു മല തുരന്നിട്ട് രാജസ്ഥാന അയാള് അത് അർത്ഥവത്താന്ന് പറയുന്ന ഓരോരുത്തർക്കും വെമ്പേറിയായിരിക്കും അയാൾ എങ്ങനെയത് കാണുന്നുള്ള ആ അയാള് ഒരാളതിനെ ഒരു ജീവിത ആദർശമായിട്ട് എടുക്കുകയും ആ ജീവിത ആദർശത്തിനനുസരിച്ചാണ് മുമ്പോട്ട് പോവുകയും ചെയ്യണമെങ്കിൽ അത് അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് പറയാൻ പറ്റും ഒരുത്തന്റെ തൊഴിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റും ഒരു പോലീസുകാരനാണെങ്കിൽ അതിന്റെ എത്തിക്സ് ഉണ്ട് മോറൽസ് ഉണ്ട് അതനുസരിച്ച് പോകണം ഒരു ജഡ്ജിയാണെങ്കിൽ അതിന്റെ എത്തിക്സും മോറൽസും അനുസരിച്ച് പോകണം സുഖത്തിനു വേണ്ടിയായിരിക്കരുത് ഒരു സ്വാമിയാണെങ്കിൽ അതിന്റെ എത്തിക്സും മോറൽസും വാലുസും ഇന്റഗ്രിറ്റീവ് ഓണസ്റ്റി ഇതെല്ലാം അനുസരിച്ച് പോകണം ഇങ്ങനെ പോകുന്നതാണ് അയാളെ സംബന്ധിച്ച് സാർത്ഥകമായി ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ആൾക്കാരെ പറ്റിക്കാതെയും പണം വെട്ടിക്കാതെയും എന്താണ് നാടിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുന്ന അതാണ് എത്തിക്കലായിട്ടുള്ള സാർത്ഥകമായ ജീവിതം അത് സുഖത്തിന് വേണ്ടിയുള്ള ഒരു ജീവിതം ഉള്ള അവർക്ക് അങ്ങനെ ഒരു ജീവിതത്തിലുള്ളവർക്ക് സുഖം വളരെ കുറച്ചായി കിട്ടും സുഖത്തിനു വേണ്ടിയുള്ള ഒരു ജീവിതമായിരിക്കും ഏത് മീനിങ് ഫുൾ ലൈഫ് മീനിങ് ഫുൾ സംസാരിക്കും മീനിംഗ് ഫുൾ ലൈഫ് അപ്പൊ അങ്ങനെ ഉള്ള ഒരു ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് സാറ്റിസ്ഫാക്ഷൻ അല്ലാതെ സുഖം നേടലുണ്ട് ആനന്ദം നേടുന്നതിന് വേണ്ടിയിട്ടുണ്ട് പക്ഷെ അതിന് അയാളുടെ കാഴ്ചപ്പാട് ശരിയായിരുന്നു ഇപ്പൊ നക്സലൈറ്റിന്റെ ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോ അയാൾക്ക് സന്തോഷം കൊടുക്കുമായിരിക്കും മനസിലായോ പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ അയാളുടെ കാഴ്ചപ്പാടിൽ പേശക് വന്നിട്ടുണ്ട് അങ്ങനെ സാർത്ഥകമായ ജീവിതം നയിക്കുന്ന ഒരാളുടെ ജീവിതം അയാൾക്കും മറ്റൊരുത്തരും ഉപകരിക്കുന്നതായിരിക്കണം അയാളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരാനും പാടില്ല അതും കൂടെ കണക്കിലെടുക്കണം അത് എന്താണ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം അപ്പോ സുഖം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ആത്മീയ സുഖം എന്നൊക്കെ പറയുന്നിടത്ത് പ്രധാനമായി വരുന്നത് ആത്മീയസുഖത്തിൽ പ്രധാനമായി വാല്യൂസ് എത്തിക്സ് മോറൽസ് എല്ലാം വരുമ്പോൾ അത് അവിടെ വിടാൻ പറ്റില്ല അതൊക്കെ എന്ന് പറയുമ്പോൾ അതെല്ലാം കൊണ്ട് ഒരു വരുന്ന എന്താണ് സാറ്റിസ്ഫാക്ഷൻ ചാരിതാർത്ഥ്യം അത് അയാള് ഒരാള് സ്വന്തം ജീവിതത്തെ കുറിച്ചുള്ള സ്വന്തം വിലയിരുത്തലാണ് മറ്റുള്ളവർ പറയുന്ന മറ്റുള്ളവർ പറയണ വലിയ യോഗ്യനാണ് എന്തെടിയാണ് എന്ന് മറ്റുള്ളവര് പറയുന്നതിനനുസരിച്ചുള്ള എന്താ സ്വയം ഒരാള് തന്റെ ജീവിതത്തെ വിലയിരുത്താൻ കഴിയുകയാണ് മനസ്സിലായോ ഇതുപോലുള്ള ഈ വേഷമൊക്കെ ധരിച്ച് മുട്ടയൊക്കെ അഴിച്ചു കടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിലയിരുത്തുകയാണ് ഇവരെന്തോ എവിടെന്നോ വന്ന വലിയൊരു യോഗ്യനാണ് ഇതെന്നൊക്കെ പറയുന്ന മറ്റുള്ളവരുടെ വിലയിരുത്തലാണ് നല്ലതൊന്നും മോശം ആർക്ക് അല്ല അങ്ങനെ മറ്റുള്ളവരി കൊടുക്കുമ്പോഴും അതിൽ കണ്ടെത്തുന്ന എന്താണോ അയാൾക്കൊരു സന്തോഷമാണ് സാറ്റിസ്ഫാക്ഷൻ പ്ലഷറാണ് പ്ലഷറാണ് മനസിലായോ അത് പ്ലഷറാണ് സാറ്റിസ്ഫാക്ഷൻ അത് പൊതുജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന വെച്ച് കഴിഞ്ഞാല് പൊതുജനങ്ങള് കുട്ടിച്ചേർത്തന്നെ വിശ്വസിക്കുന്നുണ്ട് ബ്രഹ്മരക്ഷസെ വിശ്വസിക്കുന്നുണ്ട് പിന്നെന്താണ് അറുകനെ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയുള്ള ജനങ്ങളെ പലതും വിശ്വസിക്കും അതിപ്പോ നമ്മള് പറഞ്ഞിട്ട് കാര്യങ്ങളോ അല്ലേ അവർ കുട്ടിച്ചാത്തന് വിശ്വസിക്കുന്നു വിചാരിച്ചു അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുട്ടിച്ചാത്തന്മാരെ കാണുമ്പോ അവർ കുട്ടിച്ചാത്തനെന്ന് വിശ്വസിക്കുന്നു എന്തോ വലിയ സംഭവമാണെന്ന് വിശ്വസിക്കും അത് അർത്ഥശൂന്യമായ കാര്യമാണ് നിരർത്ഥകമാണതൊക്കെ അത്തരം വിശ്വാസങ്ങളും അത് ഇപ്പൊ നിങ്ങള് വേഷം കെട്ടിയാലും വേഷം കെട്ടിയില്ലെങ്കിൽ ആരതൊക്കെ വിശ്വസിച്ചോ നിങ്ങളുടെ വേഷമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല പൊതുജനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിശ്വാസങ്ങളിലാണ് സമൂഹം ജീവിക്കുന്നത് ഞാനതിനെ കുറിച്ചല്ലേ പറയുന്നു ഒരു മനുഷ്യന്റെ ജീവിതമെന്ന് പറയുന്നത് ഈ പറയുന്നവരെ സുഖത്തെ ആർജിക്കാനും ദുഃഖത്തെ ഒഴിവാക്കാനും അല്ലെന്നാണ് ഞാൻ പറയുന്നത് ഈ എഴുതി വച്ചിരിക്കുന്നത് ശരിയല്ലെന്നല്ല ഞാൻ പറയുന്നത് ഇത് അപര്യാപ്തമാണ് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രാവുന്നുള്ളൂ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഭാഗമുണ്ട് അതിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഇതിന് പ്രാധാന്യമുണ്ട് സുഖത്തെ നേടുക ദുഃഖത്തെ ഒഴിവാക്കുക എന്ന് പറയുന്ന പ്രാധാന്യമുണ്ട് അവിടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണോ തന്റെ ജീവിതം തന്നെ തന്റെ പർപ്പസ് വേറെ പർപ്പസെന്ന് എങ്ങനെയുള്ള ജീവിതം താൻ എന്ത് വാല്യൂസിനാണോ ജീവിതത്തെ സ്വീകരിച്ചിരിക്കുന്നത് അവിടെ ക്ലേശങ്ങൾ സഹിച്ചു അതിനെ പരിപാലിച്ച് ഇതാണ് മനുഷ്യന് മനസിലാക്കേണ്ടത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഈ കാര്യമാണ് പക്ഷെ ഇപ്പൊ പറഞ്ഞു മനുഷ്യര് നമ്മളെ കാണുമ്പോല് എന്തോണി അപ്പൊ ദൈവത്തിന് കൈക്കൂല് കൊടുത്തിട്ട് കള്ളനോട്ടടിക്കുന്ന മനുഷ്യരാണ് ഇവര് കള്ളോട്ടടിക്കുന്ന നിയമവിരുദ്ധമാണെന്ന് അറിയാം പക്ഷെ അവരെന്ത് ചെയ്യും ദൈവത്തിന് കൈക്കൂലി കൊടുത്തിട്ട് എല്ലാ കള്ളത്തരവും ചെയ്യുന്ന മനുഷ്യരാണ് അവരുടെ വിശ്വാസങ്ങൾക്കൊക്കെ എന്താ വിലയുള്ളത് അതിനൊക്കെ എന്താ പരിഗണിക്കുന്നത് അർത്ഥശൂന്യമായ കാര്യമാണ് അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുന്നവരെല്ലാം അവിടെ നിന്ന് എന്താ തൊഴുന്ന ഞാൻ ചെയ്ത കള്ളത്തരങ്ങളൊന്നും പോലീസ് പിടിക്കട്ടെ എന്നെ എല്ലാ കള്ളത്തരങ്ങളും ഒരു പൂജാരിമാർക്കും അവിടെ വിശ്വാസം ഇവിടുത്തെ മെയിൻ തന്ത്രിക്കല്ല ഒരമ്പലത്തിനെയും ഒരു ഇവിടെ പൂജിക്കുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട് സമാധിനും ശരതമനത്തിനും പൂജിക്കുന്ന എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവര് ബുദ്ധിമുട്ടും നോക്കി കാണിക്കപ്പെട്ടിന്ന് പൈസ എടുത്ത് പോകത്തിരിക്കും ഒരു വിശ്വാസം ഉണ്ട് അടുത്ത പോക്കറ്റ് വയ്ക്കു വിശ്വാസം ഇല്ല വിശ്വാസ ഒരു സംശയമില്ല പുറത്ത് പോയി എന്തെങ്കിലും പൂജയൊക്കെ നടത്തി പത്ത് പൈസ ഉണ്ടാകുന്നെങ്കിൽ കൊഴപ്പില്ല കാണിക്കപ്പെട്ടി വരുന്ന പൈസ എടുത്തിട്ട് സ്വന്തം പോക്കറ്റ് വെക്കുന്നവന് ഗുരുവിൽ എന്താ വിശ്വാസം ഉള്ളത് സാക്ഷാത് അപ്പൊ അവിടെ എന്താണ് അവർക്ക് നഷ്ടപ്പെടുന്നത് വിശ്വാസം എന്നാ നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതത്തിന്റെ ആ മൂല്യ മൂല്യം നഷ്ടപ്പെടുകയാണ് മനസിലായ ബൈബിളിൽ പറയും എന്താണ് ഉപ്പിന്റെ ഉപ്പ് പോയി കഴിഞ്ഞാൽ കാരം പോയി കഴിഞ്ഞാൽ ഉപ്പിന്റെ കാരം പോയി കഴിഞ്ഞ പിന്നെ ഉപ്പെന്താ ഒന്നുമില്ല അതുപോലുള്ള ജീവിതമാണ് ജീവിതത്തിന്റെ മൂല്യത്തെ നശിപ്പിച്ച പിന്നെന്താ ഒന്നുമില്ല അങ്ങനത്തെ ജീവിതം ആ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ മീനിങ് ഇല്ല ജീവിതത്തിൽ പെർസണലും അവനവന്റെ കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടും അതനുസരിച്ച് അവർ ജീവിച്ചും ഒക്കെ തന്നെ വരും ഇത് റെസ്പെക്ടിനോ റഫറൻസിനോ വേണ്ടിയാണല്ലോ